അധ്യായം മുപ്പത്തിനാല് ജാതികളെ അടുത്തുവന്ന് കേൾപ്പീൻ വംശങ്ങളെ ശ്രദ്ധ തരുവീൻ ഭൂമിയും അതിന്റെ നിറവും ഭൂതലവും അതിൽ മുളയ്ക്കുന്നതൊക്കെയും കേൾക്കട്ടെ യഹോവയ്ക്ക് സകല ജാതികളോടും കോപവും അവരുടെ സർവസൈന്യത്തോടും ക്രോധവും ഉണ്ട് അവനവരെ ശപദാർപ്പിതമായി കുലയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്നു അവരുടെ ഹതന്മാരെ എറിഞ്ഞുകളയും അവരുടെ ശവങ്ങളിൽ നിന്ന് നാറ്റം പുറപ്പെടും അവരുടെ രക്തം കൊണ്ട് മലകൾ ഒഴുകിപ്പോകും ആകാശത്തിലെ സൈന്യമെല്ലാം അലിഞ്ഞുപോകും ആകാശവും ഒരു ചുരുൾ പോലെ ചുരുണ്ടുപോകും അതിലെ സൈന്യമൊക്കെയും മുന്തിരിവള്ളിയുടെ ഇല വാടിപ്പൊഴിയുന്നതുപോലെയും അതിവൃക്ഷത്തിന്റെ കായ വാടി പൊഴിയുന്നതുപോലെയും പൊഴിഞ്ഞു പോകും എന്റെ വാൾ സ്വർഗത്തിൽ ലഹരിച്ചിരിക്കുന്നു അത് ഏതോ മിൻമേലും എന്റെ ശബദാർപ്പിത ജാതിയുടെ മേലും ന്യായവിധിക്കായി ഇറങ്ങിവരും യഹോവയുടെ വാൾ രക്തം പുരണ്ടും കൊഴുപ്പ് പൊതിഞ്ഞും ഇരിക്കുന്നു കുഞ്ഞാടുകളുടെയും കോലാടുകളുടെയും രക്തം കൊണ്ടും ആട്ടുകൊറ്റന്മാരുടെ മൂത്രപിണ്ഡങ്ങളുടെ കൊഴുപ്പുകൊണ്ടും തന്നെ യഹോവയ്ക്ക് ബൊസ്രയിൽ ഒരു യാഗവും ഏതോ ദേശത്ത് ഒരു മഹാസംഹാരവുമുണ്ട് അവയോടുകൂടെ കാട്ടുപോത്തുകളും കാളകളോടുകൂടെ മൂരികളും വീഴും അവരുടെ ദേശം രക്തം കുടിച്ച് ലഹരി അവരുടെ നിലം കൊഴുപ്പ് നിറഞ്ഞിരിക്കും അത് യഹോവ പ്രതികാരം നടത്തുന്ന ദിവസവും സിയോന്റെ മണ്ണ് ഗന്ധകമായും നിലം കത്തുന്ന കീലായും ഭവിക്കും രാവും പകലും അത് കെടുകയില്ല അതിന്റെ പുക സദാകാലം പൊങ്ങിക്കൊണ്ടിരിക്കും തലമുറ തലമുറയായി അത് ശൂന്യമായി കിടക്കും ഒരുത്തനും ഒരു അതിൽ കൂടി കടന്ന് പോകയുമില്ല വേഴാമ്പലും മുള്ളൻ അതിനെ കൈവശമാക്കും മൂങ്ങയും മലംകാക്കയും അതിൽ പാർക്കും അവൻ അതിന്മേൽ പാഴിന്റെ നൂലും ശൂന്യത്തിന്റെ തൂക്കുകെട്ടിയും പിടിക്കും അതിലെ കുല്യന്മാർ ആരും രാജത്വം ഘോഷിക്കയില്ല അതിലെ പ്രഭുക്കന്മാരെല്ലാവരും നാസ്തിയായി പോകും അതിന്റെ അരമനകളിൽ മുള്ളും അതിന്റെ കോട്ടകളിൽ തൂവയും ഞെരിഞ്ഞലും മുളയ്ക്കും അത് കുറുക്കന്മാർക്ക് പാർപ്പിടവും ഒട്ടകപ്പക്ഷികൾക്ക് താവളവുമാകും മരുമൃഗങ്ങളും ചെന്നായ്ക്കളും തമ്മിൽ എതിർപ്പെടും വനഭൂതം വനഭൂതത്തെ വിളിക്കും അവിടെ വേതാളം കിടക്കുകയും വിശ്രാമം പ്രാപിക്കുകയും ചെയ്യും അവിടെ അസ്ത്രനാഗം കൂടുണ്ടാക്കി മുട്ടയിട്ടു പൊരുന്നി കുഞ്ഞുങ്ങളെ തന്റെ നിഴലിൻ കീഴ് ചേർത്തുകൊള്ളും അവിടെ പരുന്ത് അതതിന്റെ ഇണയോട് കൂടും യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചുനോക്കുകയും അവയിലൊന്നും കാണാതിരിക്കയില്ല ഒന്നിനും ഇണ ഇല്ലാതിരിക്കുകയുമില്ല അവന്റെ വായല്ലോ കൽപ്പിച്ചത് അവന്റെ ആത്മാവത്രെ അവയെ കൂട്ടിവരുത്തിയത് അവൻ അവയ്ക്കായി ചീട്ടിട്ടു അവന്റെ കൈ അതിനെ അവയ്ക്ക് ചരടുകൊണ്ട് വിഭാഗിച്ചുകൊടുത്തു അവ സദാകാലത്തേക്കും അതിനെ കൈവശമാക്കി തലമുറ തലമുറയായി പാർക്കും